ത്തിന് മഹത്വം നമ്മൾ പാട്ടുകൾ പാടുമ്പോഴും പാടി അവസാനിപ്പിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് ജീവനും എൻ്റെ സർവസ്വവും നിൻ്റെ മുൻപിൽ അണച്ച് ഞാൻ കുമ്പിടുകയാണ് എന്നൊരു സമർപ്പണത്തിൻ്റെ വരികൾ നമ്മൾ പാടി തുടർന്ന് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ മുമ്പാകെ യാഗമായി അർപ്പിക്കുന്ന ഒരു കാര്യമാണ് ആരാധന എന്നുള്ള കാര്യം പറയുകയും നമ്മൾ പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്തു അതിനോട് ചേർന്ന് തന്നെ ഒരു വചനം നമുക്ക് നോക്കാം പൗലോസ് വിശ്വാസത്തിലെ നിജപുത്രനായ തീമത്തിയോസിന് എഴുതുന്ന അവസാനത്തെ ലേഖനം തൻ്റെ ജീവിതത്തിലെ അവസാന ലേഖനം എന്ന് എല്ലാവരും പറയാറുള്ള രണ്ട് തീമത്തിയോസ് നാലാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം ആകുമ്പോൾ പൗലോസ് ഒരു നൊസ്റ്റാൾജിയോടെ ഒരു ഗ്രഹാതുരതയോടെ തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് താനെ പറയുന്നു ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാകമായി ഒഴിക്കപ്പെടുന്നു എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു ഞാൻ നല്ലപോർപ്പെടുത്തു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു വളരെ പ്രശസ്തമായ വാക്യങ്ങളാണ് ഇത് അതിൽ ഞാനിപ്പോൾ തന്നെ പാനീയയാകം പാനീയയാകമായിട്ട് ഒഴിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് തൻ്റെ മരണത്തെക്കുറിച്ചാണ് താന് മരിക്കാൻ പോവുകയാണ് നമുക്കറിയാവുന്നതുപോലെ എഡി അറുപത്തിനാലിൽ നീറോ ചക്രവർത്തി പൗലോസിനെ തലവെട്ടിക്കൊല്ലുകയാണ് താൻ രക്തം തലവെട്ടി കഴുത്തിൽ നിന്ന് രക്തം നിലത്തേക്ക് ഒഴിച്ച് അങ്ങനെയൊരു താന് അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു പാനീയയാഗം പോലെ നിലത്തെ വീഴ്ത്തപ്പെടുന്ന രക്തത്താൽ കൊല്ലപ്പെട്ട് അങ്ങനെയാണ് തൻ്റെ അന്ത്യം അപ്പോൾ വരാൻ പോകുന്ന ആ ഒരു മരണത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തൻ്റെ മരണത്തെക്കുറിച്ചാണ് ഞാൻ പാനീയയാഗമായിട്ട് ഒഴിക്കപ്പെടുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പറയാറുണ്ട് അത് ചിലപ്പോഴൊരു പക്ഷേ ശരിയായിരിക്കാം എന്നാൽ ഈ പാനീയകമായി ഒഴിക്കപ്പെടുക എന്ന പ്രയോഗം പൗലോസിന് വളരെ പ്രിയപ്പെട്ട ഒരു പ്രയോഗം പൗലോസ കൂടെ കൂടെ അത് പറയാറുണ്ട് ഫിലിപ്പർ കിഴുതി ലേഖനം രണ്ടാമധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ മരണത്തോടല്ലാതെ മരണത്തോട് ബന്ധപ്പെട്ടല്ലാതെ തൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ടു അപ്പോഴേ തൻ്റെ തൊട്ട് മുമ്പിൽ ഒരു മരണമില്ല പക്ഷേ ജീവിതത്തോട് ബന്ധപ്പെട്ടും താൻ തന്നെ തന്നെ പാനീയയാഗമായിട്ട് ഒഴിക്കപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം ഫിലിപ്പർ രണ്ടിൻ്റെ പതിനേഴ് എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ ഞാൻ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും ഞാൻ ഇപ്പോഴാ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും നേരത്തെ പൗലോസ് രക്തസാക്ഷിയായിട്ട് രക്തമൊഴുക്കി മരിക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത് ഇവിടെയും രക്തം ഒഴി ഒഴിക്കേണ്ടി വന്നാലും എന്ന് പറയുമ്പോൾ അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയല്ലേ അല്ലാതെ ജീവി ജീവിതത്തോട് എന്ന് നമ്മൾ ചിന്തിക്കും എന്നാൽ നമ്മൾ ഇംഗ്ലീഷിൽ ആ വാക്യം കാണുമ്പോൾ എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും എന്ന പദപ്രയോഗം നമ്മളവിടെ കാണുന്നില്ല ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അത് ആ നിലയിൽ ഇംഗ്ലീഷിനോട് പൂർണ്ണമായിട്ട് ചേർന്ന് നിൽക്കാതെ ട്രാൻസ്ലേറ്റ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ആ ഭാഗം കാണുമ്പോൾ പൗലോസ് പറയുന്നത് ഇതാണ് ഞാൻ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ ഞാനൊരു പാനീയയാഗമായി ഒഴിക്കപ്പെടേണ്ടി വന്നാലും ഞാന് സന്തോഷിക്കും നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും കണ്ടോ താന് താന് ഫിലിപ്പയിലുള്ള ആളുകൾ അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് മുന്നോട്ട് വന്നവർ അല്ലെങ്കിൽ പല ഒന്നാം നൂറ്റാണ്ടിലെ സഭയുടെ മൊത്തം പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുന്നോട്ട് വന്ന ആളുകൾ വിശ്വാസികൾ അവരെ എല്ലാവരെയും താൻ മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊരു ദൗത്യമാണ് തൻ്റെ ജീവിതത്തിലുള്ളത് ആ ദൗത്യത്തിൽ താൻ പറയുകയാണ് ഞാൻ പാനീയാഗമായിട്ട് ഒഴിക്കപ്പെടുകയാണ് അക്ഷരാർത്ഥത്തിലുള്ള ഒരു മരണത്തെക്കുറിച്ചല്ല അവിടെ നമ്മൾ കാണുന്നത് താന് പറയുന്നത് ഞാൻ അവിടെ ഒരു പാനീയയാകമായിട്ട് ഡ്രിങ്ക് ഓഫറിംഗ് ആയിട്ട് ഒഴിക്കപ്പെടാനായിട്ട് വന്നാലും അപ്പോൾ കണ്ടോ പൗലോസിന് പ്രിയപ്പെട്ട ഒരു പ്രയോഗമാണ് പാനീയയാകമായി ഒഴിക്കപ്പെടുക എന്നുള്ളത് മരണത്തെ മാത്രം കണ്ടുകൊണ്ടുള്ള ഒരു കാര്യമല്ല ജീവിതത്തിലും ജീവിച്ചിരിക്കുമ്പോഴും ജീവിച്ചിരിക്കുമ്പോഴും ഈ വഴിയിൽ മുന്നോട്ട് പോകുമ്പോഴും നിരന്തരം ദൈവത്തിനൊരു യാഗമായി യാഗങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ പാനീയാഗമാണ് ഏറ്റവും വേണമെങ്കിൽ ഉദാത്തമായ യാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മൾ യാഗങ്ങളെക്കുറിച്ച് പഴയ നിയമ യാഗങ്ങളെക്കുറിച്ച് ലേവിയ പുസ്തകത്തിലാണല്ലോ കാണുന്നത് ലേവ്യ പുസ്തകം ഒന്ന് മുതൽ ആറുവരെയുള്ള അധ്യായങ്ങളിലാണ് യാഗങ്ങളെക്കുറിച്ച് കാണുന്നത് നമ്മളിപ്പോൾ അതെല്ലാം എടുത്ത് പറയാൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ ലേവിയ പുസ്തകം ഒന്നു മുതൽ അതിൻ്റെ ആറു വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ പലതരത്തിലുള്ള യാഗങ്ങൾ ഇസ്രായേൽ മക്കള് അനുഷ്ഠിച്ചു പോകുന്നു ആ കൂട്ടത്തിൽ പാപയാഗം അകൃത്യയാഗം സമാധാനയാഗം ഭോജനയാഗം പാനീയയാഗം എന്നിങ്ങനെ പല യാഗങ്ങളെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും പാപയാഗം അവ ഓരോന്നും ഓരോന്നിനെയാണ് പ്രധാനം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ സംബന്ധിച്ച് അതിനോട് ചേർത്ത് വായിച്ചാൽ ഈ ഓരോ യാഗവും ഓരോ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ കാര്യങ്ങളോട് നിദർശനമായിട്ട് അതിലെ ഓരോ ഘടകങ്ങളെ എടുത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഓരോ യാഗങ്ങളാണ് പാപയാഗമാകട്ടെ അകൃതിയാഗമാകട്ടെ സമാധാനയാഗമാകട്ടെ ഭോജനയാഗമാകട്ടെ ഇതൊക്കെയും പാപയാഗം അല്ലെങ്കിൽ അകൃത്യയാഗം എന്ന് പറഞ്ഞാൽ അത് എന്തിനെയാ കാണിക്കുന്നത് ദൈവം പാപം മോചിക്കുന്നവനാണ് എന്ന അടിസ്ഥാനപരമായ കാര്യത്തെയാണ് പാപയാഗം അല്ലെങ്കിൽ അകൃത്യയാഗം കാണിക്കുന്നത് സമാധാനയാഗം എന്ന് പറയുമ്പോഴോ പാപയാഗം അല്ലെങ്കിൽ അകൃത്യാഗം അർപ്പിച്ച് ദൈവത്തോടെ സമാധാനം വന്ന ഒരുവൻ തുടർന്ന് അർപ്പിക്കുന്ന ഒന്നാണ് സമാധാനയാഗം നമ്മൾ റോമർ കെഴുതിയ ലേഖനത്തിൽ ഈ കാര്യങ്ങളോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പം നമുക്ക് വിശ്വാസത്താൽ നമുക്ക് നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട് നാലാമധ്യായത്തിൽ റോമർ നാലിലും ഒക്കെയും ദൈവത്താൽ നീതീകരിക്കപ്പെടുക അല്ലെങ്കിൽ പാവങ്ങൾ മോചിക്കപ്പെട്ട് ദൈവത്താൽ നീതിമാന്മാരെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് പാപയാഗത്തിനും അകൃത്യാഗത്തിനും നിഴലായ കാര്യങ്ങളാണ് നാലാമധ്യായത്തിൽ ഒക്കെ പറയുന്നതെങ്കിൽ ഇത് അഞ്ചാമധ്യായത്തിലേക്ക് വരുമ്പോൾ പാപയാഗത്താൽ അകൃത്തിയാകത്താൽ അല്ലെങ്കിൽ പാപങ്ങൾ മോചിക്കപ്പെട്ട് ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഒരുവന് എന്തുണ്ട് ദൈവത്താൽ ദൈവത്തോടുള്ള സമാധാനമുണ്ട് സമാധാനമുണ്ട് ഈ കാര്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് പഴയ നിയമത്തിലെ സമാധാനയാഗം ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നുണ്ട് വ്യക്തമാകുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല കാര്യങ്ങളുടെ നിഴലായിരുന്നു ഈ യാഗങ്ങൾ പഴയ നിയമത്തിലെ യാഗങ്ങൾ ആ യാഗങ്ങളിൽ ഇതാ തുടക്കം പാപമോചനം അല്ലെങ്കിൽ അകൃത്യം എന്നുള്ളതാണ് പാപം ചെയ്ത ദേഹി ദൈവത്തിന് ശത്രുവായിട്ട് നിൽക്കുമ്പോൾ ദൈവത്തോടൊരു നിരപ്പിനായിട്ട് അവൻ ഒരു കുഞ്ഞാടിനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ തൻ്റെ കഴിവനുസരിച്ച് ഒരു യാഗം അർപ്പിച്ച് കഴിയുമ്പോൾ അവന് ദൈവത്തോട് ദൈവത്താലെ നീതീകരിക്കപ്പെട്ടു അതിനുശേഷം അവനൊരു സമാധാന യാഗം അർപ്പിക്കുന്നു ദൈവത്തോട് സമാധാനമുണ്ട് ഇതൊക്കെ ഈ നമ്മൾ ഇന്ന് കാണുന്ന ദൈവത്താൽ നീതികരിക്കപ്പെടുന്നു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തു ആ യേശു ക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട് എന്ന റോമറഞ്ചിൻ്റെ ആദ്യ വാക്യത്തിൽ നമ്മൾ വായിച്ച കാര്യത്തെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതാണ് സമാധാനയാഗം തുടർന്ന് ഇസ്രായേൽ മക്കൾ അർപ്പിച്ചിരുന്ന മറ്റൊരു യാഗമാണ് ഫോജനയാഗം ഈ ഫോജനയാഗം എന്തിനെയാണ് കാണിക്കുന്നത് ഈ യാഗങ്ങളൊക്കെ ദൈവത്തിൻ്റെ ഓരോ പ്രത്യേകതകളെ അല്ലെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവം നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഈ ഫോജനയാഗം എന്തിനെയാണ് കാണിക്കുന്നത് ഫോജനയാഗം കാണിക്കുന്നത് അതായത് അവൻ അവനിൽ നിന്ന് നമുക്ക് ഭക്ഷിക്കാനായിട്ട് കഴിയും അവനിൽ നിന്ന് നമുക്ക് പോഷണം പ്രാപിക്കാനായിട്ട് കഴിയും എന്നെ തിന്നുന്നവൻ ഞാൻ മൂലം ജീവിക്കും എന്നുള്ള നിലയിൽ ദൈവത്തോടുള്ള കർത്താവിനോടുള്ള അടുത്ത ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു പടിയുടെ കടന്ന ഒരു കാര്യമാണ് ഭോജനയാഗം എന്നാൽ ഈ പാപ ആകൃത്യയാഗങ്ങൾ സമാധാന യാഗങ്ങൾ ഭോജനയാഗങ്ങൾ ഇതിനൊക്കെ ശേഷം നമ്മൾ ബൈബിള് ശ്രദ്ധാപൂർവം വായിച്ചാൽ മറ്റൊരു കാര്യം പാനീയയാഗമായിട്ട് അർപ്പിക്കപ്പെടുന്നുക എന്നൊരു കാര്യത്തെക്കുറിച്ച് കാണാനായിട്ട് കഴിയും അത് ലേവ്യ പുസ്തകത്തിലല്ല നമ്മൾ മുമ്പേ പറഞ്ഞാൽ ലേവ്യ ഒന്ന് മുതൽ ആറു വരെയുള്ള അധ്യായങ്ങളിലല്ല നമ്മളത് കാണിക്കുന്ന കാണുന്നത് മറിച്ച് സംഖ്യാപുസ്തകം അതിൻ്റെ പതിനഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പാനീയയാകത്തെക്കുറിച്ച് അവിടെ പരാമർശമുണ്ട് സംഖ്യാപുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ അതിൽ സംഖ്യാപുസ്തകം പതിനഞ്ചിൻ്റെ ഏഴ് മുതൽ അതിന് അതിൻ്റെ പാനീയാകത്തിൻ്റെ ഹീനിൽ മൂന്നിലൊന്ന് വീഞ്ഞും യഹോവിക്ക് സൗരഭ്യവാസനയായി അർപ്പിക്കണം എന്ന് പറഞ്ഞ് അതിൻ്റെ വിശദാംശങ്ങളൊക്കെയാണ് അടുത്ത രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്കതൊന്നും ഇപ്പോഴ വലിയ പ്രസക്തമായ കാര്യങ്ങളല്ല സംഖ്യാപുസ്തകത്തിൽ പക്ഷേ നമ്മളിവിടെ കണ്ടത് ഏഴ് മുതൽ പത്ത് വരെയുള്ള ഭാഗത്ത് ഇതൊന്നുമല്ല ഏതാ പാവയാകോ അകൃത്യാകോ ഒന്നുമല്ല സമാധാനയാഗമല്ല ഭോജനയാഗമല്ല അതിനപ്പുറത്ത് ഒരു പാനീയയാകത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു സംഖ്യാപുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോഴും അവിടെയും ഈ പാനീയയാകത്തെക്കുറിച്ചുള്ള റഫറൻസ് നമുക്ക് കാണാനായിട്ട് കഴിയും അതിൻ്റെ ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം നോക്കുക അതിൻ്റെ അതിൻ്റെ പാനീയയാകം കുഞ്ഞാടൊന്നിന് കാൽഹീൻ എന്ന് പറഞ്ഞ് ആ കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു വീഞ്ഞ് വീഞ്ഞ് ദൈവത്തിനായിട്ട് അർപ്പിക്കുന്നു അങ്ങനെ ഒഴിച്ചു കളയുന്നു വീഞ്ഞ് ആ പാനീയം അത് ദൈവത്തിനായിട്ട് അർപ്പിക്കപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് ഈ പാനീയയാകത്തെ പരാമർശിക്കുന്നത് പ്രിയപ്പെട്ടവർ അത് ദൈവത്തെ നമ്മൾ ദൈവത്തെ ഒരുവൻ വീഞ്ഞായിട്ടും അനുഭവിക്കണം നേരത്തെ പറഞ്ഞ പല യാഗങ്ങൾക്കപ്പുറത്തുള്ള ദൈവത്തോട് കൂടുതൽ അടുത്ത ഒരു ബന്ധത്തെയാണ് കാണിക്കുന്നത് ഈ യാഗങ്ങൾ നമ്മൾ പറഞ്ഞത് ഓരോന്നും ദൈവത്തോടുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത് പക്ഷേ ഓരോ ഘട്ടം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പം കൂടുതൽ കൂടുതൽ ദൈവത്തോടുള്ള അടുപ്പത്തെയാണ് കാണിക്കുന്നത് പാപയാകും അകൃത്തയാകോ അവിടെയാണ് അതിൻ്റെ തുടക്കം അത് കഴിയുമ്പോൾ സമാധാനമുണ്ട് സമാധാനമുള്ളവൻ തുടർന്ന് എന്ത് ചെയ്യുന്നു ദൈവത്തിൽ നിന്ന് തന്നെ ഭക്ഷിച്ച് ഭോജനയാകും അതുമൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പം പാനീയയാകും ആ പാനീയയാകത്തിൻ്റെ പ്രത്യേകത ആ പാനീയം അത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെന്തില്ല അതിൻ്റെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല അതിൻ്റെ ഒരു നിലനിൽപ്പില്ല അതിൻ്റെ ഒരു അസ്തിത്വമില്ല നമ്മൾ പലപ്പോഴും പറയാറുള്ള ഇതിന് സമാന്തരമായിട്ട് പറയാറുള്ള ഒരു ഭാഗം ഒന്ന് ദിനവൃത്താന്തത്തിൽ ദാ ദാവീദിൻ്റെ ജീവിതത്തോട് ചേർന്ന ഒരു ഭാഗമാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ താൻ അങ്ങനെ കഴിയുമ്പോൾ താന് പല ഭാഗത്തേക്ക് ഇങ്ങനെ ശത്രുക്കളെ പേടിച്ച് ഒക്കെ പോകുന്ന കാലഘട്ടത്തിൽ താൻ പറയുന്ന ഒരു ഭാഗം നമ്മൾക്ക് കാണാനായിട്ട് കഴിയും അതിൻ്റെ താന് മുന്നോട്ട് പോകുമ്പോൾ ദാ ദാവീത് തൻ്റെ കൂടെയുള്ളവരോട് പറയുന്നു എന്താ പറയുന്നത് എനിക്ക് വേദലഹേമിലെ കിണറ്റിൽ നിന്ന് ആര് കുടിപ്പാനായിട്ട് എനിക്ക് വെള്ളം കൊണ്ട് തരും എന്ന് പറയുന്നു ഉടനെ ഒരാൾ മൂന്ന് പേർ അവരെ മുന്നോട്ടു പോയി വേദലഹയം കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവന്നു വേദലഹ്യം കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കേൾക്കുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല ഭേദലഹയം ദാവീദിൻ്റെ ഒരു സ്വന്തം പട്ടണമാണ് ആ ഭേദലഹ്യം പട്ടണത്തിൽ നിന്ന് അവിടുത്തെ കിണറ്റിൽ നിന്ന് എനിക്കിത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് താന് തൻ്റെ കൂടെയുള്ളവരോട് ചേർന്നിരിക്കുമ്പോൾ പെട്ടെന്നൊരാത്മഗതം പോലെ പറഞ്ഞു നമ്മൾ ഒന്ന് ദിനത്താന്ന് പതിനഞ്ചാമധ്യായം അതിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിലാണ് ഈ കാര്യങ്ങൾ കാണുന്നത് അതെടുത്ത് വായിക്കാനായിട്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ് അങ്ങനെ ദാവീദ് താനിങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു മൂന്ന് ചെറുപ്പക്കാരെ അവർ ദാവീദിൻ്റെ ആഗ്രഹം മാനിച്ച് ഫലിസ്തീനയുടെ പാളയം ഫെലിസ്തീനെ ശത്രുക്കൾ അവിടെ കാവല് കാത്ത് കിടക്കുക അവരുടെ പാളയത്തിൻ്റെ നടുവിലൂടെ ചെന്ന് വേണം ഈ ബേദലഹ്യം കിണറ്റിൽ നിന്ന് വെള്ളം കോരെ ഇവർ തങ്ങളുടെ ജീവനെ ജീവനെ റിസ്ക് ചെയ്ത് ജീവനെ ആ നിലയിൽ പണയപ്പെടുത്തി മൂന്ന് പേരെ പോയി അവിടെ ബേദലഹിയൻ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുവന്ന് കൊടുക്കുന്നു കൊടുത്തപ്പോൾ ദാവീദ് പറയുന്നു ദയവേ ഇത് ഇത് വെറും വെള്ളമല്ലല്ലോ ഈ പോയ പുരുഷന്മാരുടെ രക്തമാണല്ലോ എന്ന് പറഞ്ഞാൽ എന്താ താൻ ഉദ്ദേശിച്ചത് ഈ മൂന്ന് പേര് ദാവീദിനെ തൃപ്തിപ്പെടുത്തുക അതാണ് അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തങ്ങളുടെ നായകനും തങ്ങളെ സ്നേഹിക്കുന്നവനുമായ ദാവീദിനെ തൃപ്തിപ്പെടുത്തുക ഈ ദാവീദിനെ തൃപ്തി വരണമെന്നുണ്ടെങ്കിൽ ഭേദലഹ്യൻ കിണറ്റിലെ വെള്ളം വേണമെങ്കിൽ ആ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി തങ്ങളുടെ ജീവനെപ്പോലും തൃണവൽ ഗണിച്ച് പോകാൻ ഈ ചെറുപ്പക്കാർ തയ്യാറാണ് അങ്ങനെ പോയി അവർ പെരുസരോടൊക്കെ മല്ലിട്ടോ എങ്ങനെയാണ് അത് കൊണ്ടുവന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ ഏതായാലും അവർ പോയി ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി നിരപായം തിരിച്ചു വന്ന് ദാവീദിനെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ദാവീദേ കുടിച്ചോ നീ തൃപ്തി തൃപ്തമാവണ്ണം നീ കുടിച്ചോ എന്ന് പറഞ്ഞു പക്ഷേ ദാവീത് പറയുന്നു അയ്യോ ഞാനിത് കുടിക്കുകയല്ല എന്താ ഈ മൂന്ന് പുരുഷന്മാരുടെ രക്തം തന്നെയാണിത് എന്ന് പറഞ്ഞ് താനത് ദൈവത്തിനായിട്ട് താനത് നിവേദിച്ച് ഒഴിച്ചു കളഞ്ഞു എന്നാണ് പതിനെട്ടാമത്തെ വാക്യം ഒന്ന് ദിനവൃത്താന്തം പതിനൊന്നിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു ഞാൻ പറഞ്ഞു വന്നത് ഈ ഇതൊരു പാനീയ ആകമായിട്ട് ദാവി ഇത് അർപ്പിച്ച ഒരു രംഗമാണ് ദൈവത്തിനായിട്ട് നിവേദിച്ച് ഒഴിച്ചു വീഞ്ഞല്ല വെള്ളമാണ് പക്ഷേ വീഞ്ഞാകട്ടെ വെള്ളമാകട്ടെ ഈ നിലയിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ഒഴിച്ചു കളഞ്ഞാൽ ഒഴിച്ചു കളഞ്ഞാൽ പിന്നെ ആ വീഞ്ഞോ വെള്ളമോ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് ഒക്കുകയില്ല അതെന്നേക്കും അതിൻ്റെ അസ്തിത്വം പോയി അത് തീർന്നു അതിനെ പഴയതുപോലെ കാണാനായിട്ട് ഒക്കുകയില്ല പ്രിയപ്പെട്ടവർ പൗലോസ് നമ്മൾ വായിച്ച പ്രാരംഭവാക്യത്തിൽ എന്താ പറയുന്നത് പൗലോസ് പറയുന്നു ഞാൻ എൻ്റെ ജീവിതത്തെ എന്താക്കി കളയുന്നു ഇതുപോലെ എൻ്റെ കർത്താവിന് വേണ്ടി ഒരു പാനീയയാഗമായിട്ട് അർപ്പിക്കാനായിട്ട് അർപ്പിക്കുകയാണ് പറഞ്ഞതിൻ്റെ ഗൗരവം മനസ്സിലായോ നമ്മൾ വിചാരിക്കും പാനീയയാകമായിട്ട് ജീവിതത്തെ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുന്നു ഞാനത് അർപ്പിക്കുകയാണ് എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയാൻ എനിക്ക് മടിയില്ല ജീവിതകർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകുന്ന ഒരു കാര്യമാണ് പാനീയയാകം എന്നാണ് നമ്മൾ ചിലപ്പോൾ തിരി ചിന്തിക്കുക എന്നാൽ നമ്മൾ നേരത്തെ വായിച്ച ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടിൻ്റെ പതിനേഴിനോട് താൻ സമാധാന കാലത്തും താൻ പറയുന്നു ഞാൻ ദൈവത്തിന് ഒരു ഡ്രിങ്ക് ഓഫറിങ് ആയിട്ട് ഒരു പാനീയയാഗമായിട്ട് ഒഴിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ കേവലം ഒരു രക്തസാക്ഷി മരണത്തിനപ്പുറത്തുള്ള ഒരു പ്രസക്തി എന്തിനുണ്ട് ഈ പാനീയയാഗം എന്ന കാര്യത്തിനുണ്ട് നമുക്ക് ഇത്രയും ഒക്കെ പ്രാരംഭമായിട്ട് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരാം നമ്മൾ കർത്താവിനെ പിൻപറ്റാനായിട്ട് ഇറങ്ങി തിരിച്ചു നമ്മളോട് ചോദിക്കുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താ നമ്മൾ പറയുക കർത്താവിനെ തൃപ്തിപ്പെടുത്തുക കർത്താവിനായിട്ട് ജീവിക്കുക കർത്താവിൻ്റെ ജീവിതം കൊണ്ട് എന്താഗ്രഹിക്കുന്നോ അത് പൂർത്തീകരിക്കുക ശരി അതെങ്ങനെ പൂർത്തീകരിക്കാൻ ഒക്കും ബൈബിളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സഭയിലേക്ക് വരുമ്പോൾ നമ്മളതിന് പലതരത്തിലുള്ള യാഗങ്ങളെ കാണുന്നു മുമ്പേ പറഞ്ഞാൽ ആ പാപയാകം അകൃത്യയാകം ഇതിൻ്റെ നിഴലായിട്ട് പാപമോചനം നേടുന്ന കർത്താവിനെ രക്ഷകനും നാഥരുമായിട്ട് സ്വീകരിച്ച് രക്ഷയുടെ ഒരു അനുഭവത്തിലേക്ക് വരുന്ന ഒരു കാര്യം നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ചിലരോട് ചോദിക്കാറുണ്ട് നിങ്ങളെ രക്ഷിക്കപ്പെട്ടതാണോ നിങ്ങളെ കർത്താ ഒരു വീണ്ടും അനുഭവം ഉണ്ടോ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ മോചിക്ക് കിട്ടിയെന്നും വലിയവനായ ദൈവത്തോട് നിങ്ങളുടെ മനസ്സാക്ഷിയിൽ ഒരു നിരപ്പ് വന്നെന്നും ദൈവത്തിനായിട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നതെന്നും അങ്ങനെ ഒരു പാപമോചനം നേടി എന്നൊരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്നാണ് പലപ്പോഴും ഉദ്ദേശിക്കുന്നത് അപ്പം ഈ പാ നമ്മൾ നേരത്തെ പറഞ്ഞ പാപയാഗത്തിനും അകൃതിയാഗത്തിനും ഒരു നിഴലായിട്ട് ഈ വീണ്ടും ജന്മാനുഭവത്തെ നമുക്ക് വേണമെങ്കിൽ പറയാം അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തോടുള്ള നിരന്തരമായ ബന്ധത്തിൽ നമ്മുടെ ഹൃദയത്തിലും മനസാക്ഷിയിലും നമുക്കെന്തുണ്ട് നമുക്കൊരു വലിയ സമാധാനമുണ്ട് മരണം നമ്മളെ പഴയതുപോലെ പേടിപ്പിക്കുന്നില്ല നമുക്ക് ദൈവത്തോടൊരു സമാധാനമുണ്ട് ദൈവം പഴയതുപോലൊരു പേടി സ്വപ്നമല്ല ദൈവം കുറച്ചുകൂടെ നമ്മളോട് അടുത്ത് നിൽക്കുന്നത് പോലെ സമാധാനം ആ ഒരു അനുഭവം ഇതിനൊക്കെ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നതിനൊക്കെയും ഒക്കെ പലപ്പോഴും ക്രിസ്തീയതയിലെ പല രീതികളുണ്ട് സ്നാനപ്പെടുക വിശ്വാസ സ്നാനം സ്നാനത്തില് കർത്താവിനോട് ചേരുവാൻ സ്നാനമേൽക്കുക ഇതെല്ലാം ശരിയാണ് ശരിയാണെങ്കിൽ പോലും എന്താ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഇതിലെ ഓരോ പടി കഴിയും തോറും കർത്താവിനോട് കൂടുതൽ കൂടുതൽ അടുത്ത അതേ വരെ ഇല്ലാത്ത ഒരനുഭവം ഭോജനയാഗം ഭോജനയാഗം എന്ന് പറയുമ്പോൾ കർത്താവിൽ നിന്ന് ഭക്ഷിക്കുകയും കർത്താവിൽ നിന്ന് കേൾക്കുകയും ആത്മാവിനാൽ നടത്തപ്പെടുകയും ചെയ്യുന്ന ഒരനുഭവമാണ് റോമർ എട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു അനുഭവം കർത്താവിൽ നിന്ന് തന്നെ കേൾക്കുന്നു ആത്മാവിൽ നിന്ന് തന്നെ ശ്രവിക്കുന്നു അതിനനുസരിച്ച് ചുവട് വയ്ക്കുന്നു ഇങ്ങനെയൊക്കെയാണ് പക്ഷേ അവിടം കൊണ്ട് നിന്ന് പോകരുത് കേവലം അകൃതിയാകാം പാപയാകം സമാധാനയാകാം ഭോജനയാകാം ഇത്രയും കാര്യങ്ങൾ കൊണ്ട് പലയിടത്തും കാര്യങ്ങൾ അങ്ങ് നിന്നു പോവുക നമ്മൾ പല സുവിശേഷ വിഹിത സഭകളിലെ ആളുകളോട് ചോദിക്കുക അവരല്ലേ നമ്മളോട് ചോദിക്കുന്നു ബസേലൊക്കെ നമ്മളിരിക്കുമ്പോൾ ആരെങ്കിലും നമ്മളെ കണ്ടിട്ട് ആ ഇദ്ദേഹം ഒരു വിശ്വാസിയാണെന്നൊക്കെ കരുതി ചിലപ്പം നമ്മളോട് ഒരു അപ്രപ്റ്റായിട്ട് ഒരു സംഭാഷണം തുടങ്ങിയല്ലേ സംഭാഷണം തുടങ്ങും ഏ സഹോദരിമാരാണെങ്കിൽ പ്രത്യേകിച്ചും പലർക്കും ആഭരണമൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയും ആ വിശ്വാസിയാ അല്ലേ വിശ്വാസിയാ ആ എന്നാ രക്ഷിക്കപ്പെട്ടത് ആ അത് ഇന്നിപ്പോൾ ഇത്രാം തീയതി തിരുനക്കര മൈതാനത്ത് കൺവെൻഷൻ കേട്ടപ്പം കൈ നോക്കി ഓക്കെ ഓക്കെ ഓക്കെ ആ സ്നാനപ്പെട്ടു സ്നാനപ്പെട്ടു പരശു താൽമാവ് ആ അത് എനിക്ക് ഇന്ന ഒരു അനുഭവം ശരി അവിടെ തീർന്നു അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തോട് ചേർത്ത് നമ്മൾ ചിന്തിച്ചാൽ അകൃത്തിയാകം അൽ അതിനെക്കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ അവിടെ നിന്ന് സമാധാനയാഗത്തെക്കുറിച്ച് പറഞ്ഞു അതിനും ഭോജനയാഗത്തെക്കുറിച്ച് പറഞ്ഞു പാനീയാഗമായിട്ട് ഒഴിക്കപ്പെടുന്ന കാര്യമോ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടിട്ടില്ല കേട്ടിട്ടില്ല അങ്ങനെയാണോ എന്താ നമ്മൾ ഈ പാനീയാകം എന്ന് ഈ ഇത്രയും നേരം കൊണ്ട് നമ്മൾ ഈ എന്താ പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിനെ പിന്പറ്റാനായിട്ട് ജീ ജീവിക്കാനായിട്ട് അങ്ങനെ ഇറങ്ങിപ്പുറപ്പെട്ടാലും അതിനെ കേവലം ചില തീയതികളിൽ കൊണ്ടുവച്ച് ഞാൻ ഇന്ന വർഷം ഇത്രാം തീയതി രക്ഷിക്കപ്പെട്ടു ഇത്രാം തീയതി സ്നാനപ്പെട്ടു ഇത്രാം തീയതി എനിക്ക് പരിശുദ്ധാത്മ സ്നാനമുണ്ടായി എന്ന് പറഞ്ഞ് അങ്ങനെ ഭൂതകാലത്തിലെ ചില തീയതികളിൽ കൊണ്ടുവന്ന് വെച്ച് അതിലൊക്കെ തൃപ്തിപ്പെട്ട് ഇന്ന് നമ്മൾ നമുക്കായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്കൊരു കിന്നരി തലപ്പാവുണ്ട് എന്താ ഞാൻ വിശ്വാസിയാണ് നമുക്ക് ചില ഡേറ്റുകളൊക്കെ പറയാനുണ്ട് എല്ലാം ശരിയാണ് പക്ഷേ ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതം ഈ പറഞ്ഞതുപോലെ നിലത്തൊഴിച്ച് ക കളഞ്ഞ വെള്ളം കൂടിച്ചേരാനൊക്കാതെ വണ്ണം എന്ന മട്ടിൽ നമ്മുടെ ജീവിതം ദൈവത്തിനായിട്ടൊരു യാഗമായിട്ട് അർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ പാനീയാഗമായിട്ട് നിരന്തരം അർപ്പിക്കപ്പെടുന്ന ഒരു കാര്യം ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊരു വെളിച്ചമുണ്ടോ എന്നുള്ളതാണ് പൗലോസിൻ്റെ ഞാനെ പാനീയാകമായിട്ട് നിരന്തരം അർപ്പിക്കപ്പെടുന്നു എന്നതിനോട് ചേർത്ത് നമ്മളെ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതെന്താ പലപ്പോഴും രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും പരിശുദ്ധാത്മ സ്നാനം ഇതുകൊണ്ടൊക്കെ പറഞ്ഞ് കഴിഞ്ഞാലും കർത്താവ് പിന്നെയും പറഞ്ഞ ചില കാര്യങ്ങൾ ഇന്നത്തെ സുവിശേഷ വിഹിത സഭകൾ കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട് എന്താ അത് അത് ശിഷ്യത്വത്തിൻ്റെ സന്ദേശമാണ് ശിഷ്യത്വം ഒരുവനെന്നെ പിൻപറ്റാനായിട്ട് ആഗ്രഹിച്ചാൽ അവൻ ചില കാര്യങ്ങൾ ചെയ്യണം ലൂക്കോസിൻ്റെ അസുവിശേഷം പതിനാലാമധ്യായത്തിൽ നമുക്ക് കാര്യം അറിയാം അതിനെക്കുറിച്ച് പറയാനല്ല നമ്മൾ പോകുന്നത് അവിടെ മൂന്ന് കാര്യങ്ങളെങ്കിലും അക്കമിട്ട് കർത്താവ് പറയുന്നുണ്ട് ഒന്ന് ബന്ധങ്ങളോടുള്ളൊരു വേർപെടലാണ് ബന്ധങ്ങളോടുള്ള വേർപെടൽ രണ്ട് നമ്മുടെ കയ്യിലുള്ള നമ്മൾ നേടിയ കാര്യങ്ങളോടുള്ള ഒരു വേർപെടൽ മൂന്നെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ജീവനേയും പകയ്ക്കുന്ന ഒരു കാര്യം ശിക്ഷിത്വത്തിൻ്റെ മൂന്ന് പടികൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറയും ബ്രദറെ ഞങ്ങളാരും മറ്റ് പോലെ മൂന്ന് തീയതികളിൽ ഞങ്ങളുടെ ജീവിതത്തെ ഒതുക്കി നിർത്തിയിട്ടില്ല ഞങ്ങളൊരു ബന്ധങ്ങളോടൊക്കെ ഏ അവിടെ ആയിരുന്നു ഞങ്ങളുടനെ അവരോടൊക്കെ ബന്ധമൊക്കെ വിട്ട് ഇങ്ങനെ മാറി ഇപ്പോൾ അവർ കല്യാണത്തിന് വിളിച്ചാൽ പോലും ഞങ്ങൾ പോകുന്നില്ല അല്ലെങ്കിൽ വലിയ വേർപാടുണ്ട് എന്നൊക്കെ പറയും ശരിയാ ശരിയാണ് അതൊക്കെ ശരിയാണ് തീർച്ചയായിട്ടും ബന്ധങ്ങളോട് ഒരു വേർപെടൽ ശിഷ്യത്വത്തിൻ്റെ ഒന്നാമത്തെ പടിയാണ് രണ്ടാമത്തെ പടി എന്താ നമ്മൾ തന്നെ നേടിയ പല കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മുടെ അധ്വാനം കൊണ്ട് നേടിയ നമ്മളുണ്ടാക്കിയ വീട് നമ്മൾ വാങ്ങിയ വണ്ടി നമ്മൾ നമ്മുടെ അധ്വാനം കൊണ്ട് സമ്പാദിച്ച കാര്യങ്ങൾ ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ എന്തായിത്തീരും നമ്മുടെ ഹൃദയത്തെ പിടിക്കുകയും അതുതന്നെ നമുക്ക് ഒരു വിഗ്രഹമായി മാറുകയും ഒക്കെ ചെയ്യാം പക്ഷേ നമ്മൾ പറയുക ഞാൻ ആ കാര്യങ്ങളിൽ ദൈവം എനിക്കൊരു വലിയ വിടുതൽ തന്നിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഞാനിപ്പോൾ കർത്താവിനെ പിൻപറ്റാനായിട്ട് വന്നത് കൊണ്ട് ഏഹ് കർത്താവിൻ്റെ എനിക്കുള്ള വീടും വണ്ടിയും വിട്ട് ഒരു സന്യാസിയെപ്പോലെ ഹിമാലയത്തിൽ പോകാനായിട്ടല്ലോ കർത്താവ് ആഗ്രഹിച്ചേക്കുന്നത് അല്ല അല്ല ഇവിടെ തന്നെ ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെ വിളിച്ചിരിക്കുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ശിഷ്യനായിട്ട് ശിഷ്യയായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് ചില കാര്യങ്ങൾ അത് പുറലോകത്തിന് വേണ്ടത്ര ചിലപ്പം വ്യക്തമായില്ലെന്ന് വരും കുറച്ച് കഴിയുമ്പോൾ അവർക്കും വ്യക്തമാകും അതിതാണ് കർത്താവ് പറഞ്ഞ ബന്ധങ്ങളോടുള്ള വേർപെടൽ അതുപോലെ തന്നെ നമ്മുടെ പൊസഷൻസ് ഇതൊക്കെ നമ്മുടെ പൊസഷൻസ് തന്നെയാണ് നമ്മുടെ തന്നെ വീടാണ് നമ്മളിത് മനസ്സുകൊണ്ട് വിട്ടിട്ടും നമ്മളതേ വീട്ടിലാക്ക കഴിയുന്നത് നമ്മൾ അതേ വാഹനം തന്നെയാണ് ഓടിക്കുന്നത് പക്ഷെ നമുക്കെന്തില്ല കർത്താവിനോടുള്ളതിൽ കവിഞ്ഞൊരു ബന്ധം ഈ പൊസഷൻസ് നമ്മൾ നേടിയ ഈ സമ്പാദ്യങ്ങളോട് നമുക്കില്ല ഇതാണ് ശിഷ്യത്വത്തിൻ്റെ രണ്ടാമത്തെ പടി മൂന്നാമത്തെ പടിയോ മൂന്നാമത്തെ പടി അവിടവും കടന്ന് മുന്നോട്ട് പോകുന്ന ഒരു കാര്യം എന്താ സ്വന്തം ജീവനെക്കൂടെ പകയ്ക്കുക സ്വന്ത ജീവൻ ഈ ഒന്നും രണ്ടും പടികൾ ശിഷ്യത്വത്തിൻ്റെ കഴിഞ്ഞാലും പിന്നെയും നമ്മളെ മുറുകെ പറ്റുന്ന ഒരു കാര്യമാണ് സ്വന്ത ജീവൻ എന്ന് പറഞ്ഞൊരു കാര്യം എന്താ ഈ സ്വയ ജീവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കഴിഞ്ഞ വെള്ളിയാഴ്ച കൂടിയപ്പോഴേ എബ്രാഹിൻ ലഹനത്തിൽ നിന്ന് പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ഈ കാര്യവും ഒക്കെ ഒന്ന് പരാമർശിച്ച് പോകാനായിട്ട് ഇടയായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കെന്തുണ്ട് നമ്മൾ മനുഷ്യരെന്നുള്ള നിലയിൽ കർത്താവിനെ പിൻപറ്റുന്ന ആളുകളെന്നുള്ള നിലയിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ദൈവജനത്തോട് അടുത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകും ഒന്നെന്ന് പറയുന്നത് നമുക്കൊരു പഴയ മനുഷ്യനുണ്ട് ഒരു പഴയ മനുഷ്യനുണ്ട് രണ്ടെന്ന് പറയുന്നത് നമുക്കൊരു സ്വയമുണ്ട് പക്ഷേ ഈ പഴയ മനുഷ്യനെന്ത് പറ്റി പഴയ മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം കാൽവറി ക്രൂശ്യയിലെ ക്രൂശിക്കപ്പെട്ടു റോമർ കഴുതിയ ലേഖനം ആറാമത്തെ ആയ അതിൻ്റെ ആറാമത്തെ വാക്യം റോമർ ആറിൻ്റെ ആറ് നമ്മുടെ പഴയ മനുഷ്യൻ നമ്മുടെ ഓൾഡ് മാൻ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു പക്ഷേ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടെങ്കിലും നമ്മുടെ സ്വയം എന്തുണ്ട് സ്വയം എന്ന് പറയുന്ന അതും ദൈവം തന്നെ നമുക്ക് തന്നതാണ് നമ്മുടെ കഴിവുകൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മളെ നമ്മളാക്കുന്ന ഘടകങ്ങൾ ഇതെല്ലമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മളെ നമ്മളാക്കുന്ന കാര്യങ്ങൾ ഈ സ്വന്തം അഭിപ്രായങ്ങൾ സ്വന്തം തീരുമാനങ്ങൾ ഇതൊക്കെ അടങ്ങുന്ന ഒരു സ്വയം ആ സ്വയം സ്വാഭാവികമായിട്ട് അതിൽ തന്നെ തിന്മയൊന്നുമില്ല എന്നാൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മിൽ സജീവമായിരുന്ന ഈ പഴയ മനുഷ്യനോട് ചേർന്ന് ഈ സ്വയം പല കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരു ഹാങ് ഈ സ്വയത്തിനും ചിലപ്പോഴുണ്ടാവും അതും എന്താകും ചില നിലയിൽ മലിനപ്പെട്ടതായിരിക്കും ഈ ലോകത്തിൻ്റെ മൂല്യങ്ങൾ കൈയാളുന്നതായിരിക്കും ഏതായാലും ആ സ്വയം സ്വന്തം അഭിപ്രായമുള്ള ആ സ്വയം ആ സ്വയത്തെയും കർത്താവിനായിട്ട് അർപ്പിക്കുന്നതാണ് ശിഷ്യത്വത്തിൻ്റെ മൂന്നാമത്തെ പടി ഞാൻ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വിശദീകരിച്ചു പോയാൽ ഒട്ടേറെ സമയം വേണമല്ലോ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല നമുക്കിങ്ങനെ പറയാം നമ്മൾ കർത്താവിനായിട്ടൊരു പാനീയകമായിട്ട് അർപ്പിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള ഈ വാക്യങ്ങളെടുത്ത് നമ്മൾ അതിനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മളെ ചെയ്യും നമുക്ക് ഏറ്റവും കൂടുതൽ തടസ്സമായി വരാവുന്നത് ഈ സ്വയമാണ് നമ്മുടെ സ്വന്താഭിപ്രായം സ്വന്തം ഇഷ്ടങ്ങൾ സ്വന്തം ഈശകൾ ഈച്ഛകൾ ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടേതായ കാഴ്ചപ്പാടുകൾ ഈ കാഴ്ചപ്പാടുകൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സത്യത്തിൽ ഇവിടെ നമ്മൾ വായിച്ചതുമായിട്ട് ചേർത്ത് ചിന്തിച്ചാൽ നമ്മുടെ സ്വന്തം ജീവനെയും കൂടെ നമ്മൾ പകച്ച് അതിനെക്കൂടെ ദൈവേഷ്ടത്തിനായിട്ട് അർപ്പിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് നമ്മളെന്താകുന്നത് നമ്മൾ ദൈവത്തിനായിട്ട് ഒരു പാനീയാകമായിട്ട് അർപ്പിക്കപ്പെടുന്നു എന്ന് പൗലോസ് പറഞ്ഞതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയും ആട്ടെ ഇങ്ങനെയൊരു ജീവിതം ഇങ്ങനെ ഒരു ജീവിതം സാധ്യമാണോ ഇങ്ങനെ ഒരു ജീവിതം ആര് ജീവിക്കുന്നുണ്ട് അങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ദൈവവചനം ഈ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത് സഹോദര സഹോദരി ഒരു അകൃത്യയാഗത്തിൽ അല്ലെങ്കിൽ ഒരു സമാധാനയാഗത്തിൽ ഭോജനയാഗത്തിൽ അല്ലെങ്കിൽ ശിഷ്യത്വത്തിൻ്റെ ആദ്യത്തെ ഒന്നോ രണ്ടോ പടികളിൽ നീ നിൻ്റെ ജീവിതത്തെ ഒതുക്കിക്കളയല്ലേ മറിച്ച് കർത്താവിനായിട്ടൊരു പാനീയാഗമായിട്ട് അർപ്പിക്കപ്പെടാനായിട്ട് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ പൊട്ടിച്ചൊഴിക്കാനായിട്ട് കഴിയും നമ്മളങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ടല്ലോ കർത്താവായ യേശു ക്രിസ്തു താൻ ഭൂമിയിലായിരുന്നപ്പോൾ നാല് സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് മത്തായി സുവിശേഷം അതിൻ്റെ ഇരുപത്താറാം അധ്യായത്തിൽ മർക്കോസ് പതിനാലിൽ ലൂക്കോസ് ഏഴിൽ യോഹനൻ്റെ സുവിശേഷം പന്ത്രണ്ടാമധ്യായത്തിൽ ഇതിലൊക്കെ നമ്മൾ കാണുന്ന ഒരു രംഗമുണ്ട് എന്താ കർത്താവിൻ്റെ കാൽക്കൽ ഒരു സ്ത്രീ എന്തു ചെയ്തു അവള് അവൾ ആ സുഗന്ധവർഗം അത് കൊണ്ടുവന്ന് പൊട്ടിച്ച് ആ ഭരണിയും പൊട്ടിച്ച് ഒഴിച്ച് എന്നേക്കുമായിട്ട് കർത്താവിനെ അങ്ങനെ ആരാധിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നു നാല് സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ നാല് സുവിശേഷങ്ങളും രേഖപ്പെടുത്തിയ ഈ കാര്യം ഈ സ്ത്രീക്ക് എങ്ങനെ കഴിഞ്ഞു അത് കണ്ടോണ്ട് അന്ന് കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ പോലും പറഞ്ഞു ഇത്രയുമൊക്കെ പാടുപെടണോ ഇതൊക്കെ എന്താ ഇതൊക്കെ വെറും ചെലവാണ് വെറും ചെലവ് ഇവിടെ ആ സുഗന്ധവർഗ്ഗം ഭരണിക്കകത്ത് വെച്ചിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് തൊട്ട് നെറ്റിക്ക് തോക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ അത് അത് സംരക്ഷിക്കേണ്ട ഒരു കാര്യമായിരുന്നു അതിന് പകരം ഇത് ഉടച്ച് കളഞ്ഞ് ഇവൻ്റെ കാൽക്കല് ഒടച്ച് കളഞ്ഞ് ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളഞ്ഞത് മണ്ടത്തരമല്ലേ ആരാ ചോദിച്ചത് ലോകമനുഷ്യരല്ല ചോദിച്ചത് ശിഷ്യന്മാരാ ചോദിച്ചത് ശിഷ്യന്മാര് പ്രിയപ്പെട്ടവര് നമ്മളീ പറഞ്ഞ ഈ പാനീയയാകം കർത്താവിനായിട്ട് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞ കാര്യം ഒക്കെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ആളുകൾ ശ്രദ്ധിക്കുന്നവര് നിങ്ങൾ ആളുകളോടൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇവിടെ ഇരിക്കുന്നവരിൽ പലരുടെയും മനസ്സിപ്പോഴെ എന്താ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഓ ഈ ബ്രദർ അങ്ങ് പറഞ്ഞ് പറഞ്ഞ് അങ്ങ് തലനാരിഴ കീറി അങ്ങ് വലിയ സംഭവമാക്കി തീർക്കുക ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ ഞാൻ ഇത്രാന്തേം രക്ഷിക്കപ്പെട്ടു സഭയുണ്ട് പാട്ടുണ്ട് അവസാന ചാപ്പാടുമുണ്ട് എല്ലാവരും കയ്യും തരും ആരും നമ്മളെ ഉപദ്രവിക്കുകയില്ല ആ തലവേദന എങ്ങനെയുണ്ട് ബ്രദറെ മാറിയോ എന്ന് കൂടെ കൂടെ ചോദിക്കുമോ എല്ലാം കൊള്ളാം ഇത്രയും ഒരു കോമൺ മിനിമം പ്രോഗ്രാമാണോ സഹോര നീ ഞാനുദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു പരി ഈ മുന്നണികളൊക്കെ ചിലപ്പോൾ അങ്ങനെ പറയും കോമൺ മിനിമം പ്രോഗ്രാം ഏ ഒരു പൊതുപരിപാടി നമ്മൾ ഇത്രയും പേരും ഇവിടെ കൂടിയിരിക്കുന്നു നമ്മളൊരു കോമൺ മിനിമം പ്രോഗ്രാം ഞാൻ നിങ്ങളെ തുടരുത് നിങ്ങളെന്നെ തുടരുത് ഞാൻ അത്യാവശ്യം തെറ്റൊന്നും ചെയ്യയില്ല കൽപ്പനാലംഘനങ്ങളൊന്നും ചെയ്യയില്ല ഞാൻ നമ്മൾ ഒന്നിച്ച് കൂടും നമ്മൾ ഒന്നിച്ച് പാട്ട് പാടും കൈ ഉയർത്തേണ്ടത് എപ്പോഴാണെന്ന് നമുക്കറിയാം കൈ ഉയർത്തും പാട്ട് പാടേണ്ട എപ്പോഴാണെന്ന് അറിയാം അത് നമ്മൾ ചെയ്യും അവസാനം ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ആരെയും വിഷമിപ്പിക്കുകയില്ല ചിരിക്കും കൈകൂപ്പും നമ്മളൊരു രാഷ്ട്രീയക്കാരാണോ നമ്മൾ വി മീൻ ബിസിനസ് നമ്മൾ പറയാറില്ല ഞങ്ങൾ ബിസിനസ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു ക്രിസ്തീയതയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് അത് പറയുമ്പോൾ ആളുകൾ പറയും ഇതെന്താ ഇതൊത്തിരി വെറും ചിലവാണ് ഇതൊത്തിരി ആവശ്യമില്ല ഇത്രയും കഷ്ടപ്പെടാതെ കർത്താവിനെ സേവിച്ച് നമുക്ക് സ്വർഗത്തിൽ പോകാമല്ലോ പോകരുതോ പോകാം രക്ഷിക്കപ്പെട്ട എല്ലാവരും ഇവിടെ പോകും സ്വർഗത്തിൽ പോകും അത് സി എഫ് സിയിൽ ഉള്ളവർ മാത്രമല്ല കത്തോലിക്കെ നിൽക്കുന്ന ഒരാളും രക്ഷിക്കപ്പെട്ടാണെങ്കിൽ അവിടെ പോകും നമ്മൾ പക്ഷെ അതല്ല ഉദ്ദേശിക്കുന്നത് ഓ ഈ സ്ത്രീയെ ഇങ്ങനെ ഇത് തകർത്ത് കളഞ്ഞപ്പോൾ ശിഷ്യന്മാരും ചോദിച്ചു ഈ വെറുംചല വെന്തിന് അപ്പോൾ കർത്താവ് പറഞ്ഞൊരു മറുപടി ഉണ്ട് അവൾ എന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് ഇത് ചെയ്തു പ്രിയപ്പെട്ട ഒരു ഈതാ അതിൻ്റെ അതിൻ്റെ രഹസ്യം നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്ന അളവിലേ നമുക്കവനെ ശുശ്രൂഷിക്കാനൊക്കെ ഉള്ളു നമുക്ക് മുമ്പേ പറഞ്ഞതുപോലെ ചില കോമൺ മിനിമം പ്രോഗ്രാം മതിയെന്നുണ്ടെങ്കിൽ അവിടെ നിർത്തുകയെങ്കിൽ അവിടെ ആ കർത്താവ് നമ്മളെ നിർബന്ധിക്കുകയില്ല പക്ഷെ അതിനപ്പുറത്തും ഒരു വഴിയുണ്ടെന്ന് ഈ ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നു പൗലോസ് പറയുന്നു ഞാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവന് വേണ്ടി ഒരു പാനീയയാഗമായിട്ട് അർപ്പിക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് താനെ പറയുന്നു യോഹനാൻ്റെ സുശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ നോക്കി ചിന്തിക്കാം യോ എൻ എൻഡസുശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യം ഇരുപത്തിനാല് വാക്യം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാക്യം ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു കോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പയക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും അനന്ദിത്യ ജീവനായി സൂക്ഷിക്കും ഇത് കർത്താവിൻ്റെ തന്നെ വചനമാണ് ഈ കർത്താവ് ഇത് പറയുന്ന പശ്ചാത്തലമേതാണ് പശ്ചാത്തലം അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ആ കർത്താവിൻ്റെ പാതപീഠത്തിൽ ഒരു സ്ത്രീയെ സ്വച്ഛജമാംസി തൈലമെടുത്ത് കർത്താവിൻ്റെ കാലിൽ പൂശി നമ്മൾ ബൈബിള് സൂക്ഷിച്ച് വായിക്കുമ്പോൾ നമ്മൾ രണ്ട് സ്ത്രീകളാണോ അത് ഒരു സ്ത്രീ തന്നെയാണോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു സംശയം തോന്നാം കാര്യം ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴിൻ്റെ ഏഴിൽ പറയുന്ന ആ സ്ത്രീ പാപിനിയായ ഒരു സ്ത്രീ എന്നവളെ പറയുന്നു ആ സംഭവം നടക്കുന്നത് എവിടെയാണ് ഗലീലയിലെ ഗലീലയിലെ നയിനിലാണ് കഫർ നൗഹും പ്രോവിൻസിൽ ഉള്ള നയിനില് വെച്ചാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നത് എന്നാൽ മറ്റു മൂന്ന് സുവിശേഷകാരന്മാരും രേഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ കാൽക്കൽ ഈ ഭരണി പൊട്ടിച്ച് തൈലമൊഴിച്ച ആ രംഗം പറയുന്നിടത്ത് അത് ബധാന്യ ബഥാന്യ ആയപ്പം യഹൂദിയ പ്രോവിൻസ് ആയി ഗീല കഴിഞ്ഞ് ശമരിയ കഴിഞ്ഞ് കുറച്ചുകൂടെ തെക്കോട്ട് വന്ന് മറ്റൊരു പ്രോവിൻസാണ് യഹൂദിയ പ്രോവിൻസിലാണ് എരിശലേമൊക്കെയുള്ള അവിടെ വെച്ചാണ് ബഥാന്യ എരിശിലേമിൽ നിന്ന് വളരെ അടുത്തുള്ള അവിടെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് അതുകൊണ്ട് വേദപണ്ഡിതന്മാർ പറയുന്നത് ഇത് രണ്ടും രണ്ട് സംഭവങ്ങളാണെന്നാണ് പക്ഷേ രണ്ട് സംഭവവും സമാനതയുള്ള സംഭവങ്ങളാണ് രണ്ടിലും കർത്താവ് പറയുന്നു ഇതെന്താ ഇത് ഇവരെ സ്നേഹിച്ചിട്ട് കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് വ്യക്തതയോടെ പറയുന്നുണ്ട് സ്നേഹിച്ചു ഇവള് കൂടുതൽ സ്നേഹിച്ചു അതുകൊണ്ട് ഇവള് കൂടുതലായിട്ട് എനിക്കായിട്ട് നൽകി പരീക്ഷ പ്രമാണിയോട് പറയുന്നു നീയെ കുറച്ചേ സ്നേഹിച്ചുള്ളൂ നീ കുറച്ചേ സ്നേഹിച്ചുള്ളൂ അതുകൊണ്ട് നീ നമ്മൾ പറഞ്ഞു വന്നതിനോട് ചേർത്ത് പറയാം പരീക്ഷപ്രമാണിയോട് കർത്താവ് എന്താ പറഞ്ഞു കാണും നീ കുറച്ചേ സ്നേഹിച്ചുള്ളൂ അതുകൊണ്ട് നീ രക്ഷിക്കപ്പെട്ടു സ്നഹാനപ്പെട്ടു സഭയിൽ പോകുന്നു തൃപ്തിയായിട്ടിരുന്നു പക്ഷേ ഈ സൗദര്യോ അവൾ അതുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല അവൾ അതിനപ്പുറത്ത് തൻ്റെ ജീവിതം തന്നെ എനിക്കായിട്ട് അർപ്പിക്കാനായിട്ട് അങ്ങനെ ഒരു പാനീയാഗമായിട്ട് അർപ്പിക്കപ്പെട്ടു കൂടുതൽ സ്നേഹിച്ചവർ അവൾക്ക് കൊടുക്കുന്ന കർത്താവ് കൊടുക്കുന്ന അഭിനന്ദനം തുടർന്നുള്ള മറ്റ് മർക്കു മത്തായി ഇരുപത്തിയാറിലും മർക്കോസ് പതിനാലിലും യോഹന്നാൻ പന്ത്രണ്ടിലുമൊക്കെ അങ്ങനെ എടുത്തു പറയുന്നില്ലെങ്കിലും ആ സ്നേഹമാണ് ആ സ്ത്രീയുടെ സ്നേഹമാണ് നന്ദിയാണ് പ്രത്യേകിച്ച് ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടിൽ മറിയെയാണ് ലാസറിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അവനോടുള്ള ആ നന്ദിയിൽ സ്നേഹത്തിൽ അവള് ആ നിലയിൽ കർത്താവിൻ്റെ പാതപീഠത്തിൽ സ്വച്ഛജമാംസി തൈലം ഒഴിക്കുന്ന രംഗമാണ് അത് സംഭവം കഴിഞ്ഞിട്ട് കർത്താവ് അവരോട് സംസാരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ കർത്താവ് പറയുന്നു ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു കോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ലെങ്കിൽ അത് തനിയേയിരിക്കുന്നു ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും നമുക്കെപ്പോഴും താല്പര്യമുള്ള ഒരു കാര്യം എന്തുവാ ഈ ഭാഗത്തിൽ നിങ്ങളുടെ വേദപുസ്തകത്തിൽ എവിടെ ആയിരിക്കും അടിവരയിട്ടിരിക്കുക ഇപ്പം ഈ വാക്യത്തിൽ മിക്കവരുടെയും വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ ഞാൻ പണ്ട് അടിവരെ ഇട്ടിരുന്നത് വളരെ വിളവുണ്ടാകും എന്നുള്ള എൻ്റെ അടിയിൽ അവരെ ഇട്ടേക്കുന്നത് വളരെ വിളമുണ്ടാകും നമ്മൾ ഈ കാര്യത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു വളരെ വിളമുണ്ടാകും വളരെ മെച്ചമാകും സ്ഥിതി കൂടുതലും മെച്ചമാകും വളരെ വിളവുണ്ടാകും പക്ഷേ വളരെ വിളവുണ്ടാകണമെങ്കിൽ അതിനപ്പുറത്ത് യേശു വേറൊരു കാര്യം അതിനോട് ചേർത്ത് പറഞ്ഞു ചത്തു എങ്കിലും ഒരു കണ്ടീഷന് ചത്തു എങ്കിൽ വിളവുണ്ടാകും എന്താ നമ്മൾ ചത്തു എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളോട് ചേർത്ത് ഇങ്ങനെ പറയാം നമ്മുടെ സ്വയ സ്വന്തം ഇഷ്ടം അത് അതൊരു കോതമ്പുമണി പോലെ നിലത്ത് വീണ് ചത്താൽ മാത്രമേ അത് അതിൻ്റെ പുറന്തോട് പൊട്ടിയാൽ മാത്രമേ ആ കോതമ്പ് മണി എന്ത് അത് അത് അത് വളരുകയുള്ളൂ വളർന്ന് അതിൽ നിന്ന് ഫലമുണ്ടാവുകയുള്ളൂ അതിനു പകരം ആ കോതമ്പ് വീഴാതെ അല്ലെങ്കിൽ ആ കോതമ്പ് മണി ചാകാതിരുന്നാൽ വിളവുണ്ടാകുകയില്ല നമുക്ക് വിളവുണ്ടാകാൻ താല്പര്യമുണ്ട് ചാകാനെന്തില്ല താല്പര്യമില്ല സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ എല്ലാം തീയതിയാണ് ഇന്നത്തെ ക്രിസ്കീതയെ ചിന്തിച്ച് നോക്കുക വലിയ വിളവുണ്ടാകാനുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ എന്താ പറയുന്നത് ചില ചില ആളുകൾ പറയും ഞങ്ങൾ ദൈവവചനം ദൈവവചനത്തിൻ്റെ പരിജ്ഞാനം ഞങ്ങളുടെ അവിടുത്തെ ദൈവവചന പരിജ്ഞാനവും ഈ കാര്യങ്ങളുമൊക്കെ ശരിയാണ് ദൈവപരിജ്ഞ പരിജ്ഞാനം വളരെ നല്ലതാണ് പക്ഷേ ദൈവപരി വചന പരിജ്ഞാനം കൊണ്ട് മാത്രം വിളവുണ്ടാകുകയില്ല അല്ലെങ്കിൽ കർത്താവ് കള്ളം പറഞ്ഞെന്ന് നമ്മൾക്ക് പറയേണ്ടി വരും ദൈവവചന പരിജ്ഞാനം കൊണ്ട് മാത്രം വിളവുണ്ടാകുകയില്ല വേറെ ചിലർ പറയും ഞങ്ങൾക്കവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഭക്ഷണം ഞങ്ങൾ അതിനാവൂ എന്നല്ലേ പരിശുദ്ധാത്മാവായ പരിശുദ്ധാത്മാവ് ആത്മമാരി ആ ഇപ്പോൾ നമ്മൾ ടൗണിലൂടെ ഒക്കെ പോകുമ്പോൾ ചിലയിടത്ത് ബാർഡറൊക്കെ വലിച്ചു കിട്ടിയിരിക്കും ആത്മമാരി കൊള്ളാം നമ്മൾ വണ്ടിയൊക്കെ നിർത്തി അതൊക്കെ ഒന്ന് നോക്കി ആത്മമാരി കൊള്ളാം ആത്മമാരി കൊള്ളാം ആത്മമാരി വേണം ആത്മാ ആത്മാവിൻ്റെ ഭക്ഷണം വേണം തീർച്ചയായിട്ടും അത് ആവശ്യമാണ് എന്നാൽ നിങ്ങളൊന്ന് ഓർക്കുക നമ്മളിപ്പോൾ ഇവിടെ ഈ ഊഷരമായി കിടക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു വിളവുണ്ടാകണമെങ്കിൽ രാവിലെ മഴ പെയ്തു ഉച്ച കഴിഞ്ഞ് മഴ പെയ്തു വൈകിട്ട് മഴ പെയ്തു മൂന്നു വട്ടം മഴ പെയ്തു മഴ പെയ്തത് മാത്രം അവിടെ ഒരു വിളവുണ്ടാകുമോ ഇല്ല വെള്ളം വേണം വെള്ളം ആവശ്യമാണ് വിത്തിന് വളരാൻ പക്ഷേ ആ വെള്ളം വീണാലും അവിടെ ഒരു വിത്ത് വീണ് ചത്തിട്ടില്ലെങ്കിൽ വിളവുണ്ടാകുകയില്ല അതായത് ആത്മമാരി ആവശ്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഊന്നൽ ആവശ്യമാണ് പക്ഷേ ആ പരിശുദ്ധാൽമാവിൻ്റെ ഭർഷണം കൊണ്ട് ഒരു വിളവുണ്ടാകണമെങ്കിൽ നിത്യതക്കായിട്ടൊരു വിളവുണ്ടാകണമെങ്കിൽ എൻ്റെയും നിൻ്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു വിളമുണ്ടാകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തുണ്ടാവണം ഈ കോതമ്പ് മണി നിലത്ത് വീണ് ചാകണം ഒരു മണി വീണ് വീണടത്ത് മഴ പെയ്താൽ അത് മുളയ്ക്കും അതിനു പകരം വെറുതെ മഴ മാത്രമേ പെയ്യുന്നുള്ളൂ കോതമ്പ് അവിടെ ഇല്ല അല്ലെങ്കിൽ അത് ചാകുന്നില്ലെങ്കിൽ വിളവുണ്ടാകുകയില്ല പ്രിയപ്പെട്ടവർ എപ്പോഴെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കർത്താവ് പറഞ്ഞിരിക്കുക ചത്തുവെങ്കിൽ വളരെ വിളവുണ്ടാകും ഇന്നത്തെ ക്രിസ്തീയ ലോകത്ത് ഞാൻ പറഞ്ഞത് ദൈവോചന വളരെ ആവശ്യമാണ് നമ്മൾ ദൈവോചനത്തെക്കുറിച്ച് വളരെ പറയാറുണ്ട് യോജനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വർഷണം അതിന് നമ്മൾ വളരെ പലപ്പോഴും പറയാറുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം വ്യക്തിപരമായി പ്രാപിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന നടക്കേണ്ട വേറൊരു കാര്യമുണ്ടെങ്കിലേ വിളവ് സംഭവിക്കും അതെന്താ നമ്മുടെ സ്വന്തം ജീവൻ ഇവിടെ കർത്താവ് പറഞ്ഞു തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പായിക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും നമ്മളിവിടെ പിടിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ സ്വയത്തിൻ്റെതായ ഇഷ്ടങ്ങൾ സ്വയത്തിൻ്റെ താല്പര്യങ്ങൾ അത് ദൈവേഷ്ടത്തിന് വിരുദ്ധമായ കാര്യങ്ങളെ നമ്മൾ യാഗമായിട്ട് പാനീയാഗമായിട്ട് നിലത്തൊഴിച്ചു കളയാൻ ദൈവമുമ്പാകെ ഒരു യാഗമായിട്ട് അർപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ അതിൽ നിന്നും വിളവുണ്ടാകും അതിൽ നിന്ന് വിളവുണ്ടാകും ദൈവനാമത്തിന് മഹത്വം പ്രിയപ്പെട്ടവർ നമ്മൾ സ്ഥിരം പറയുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഈ കാര്യം ഒരു പുതിയ വെളിച്ചമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ ഹലൂയ നമ്മുടെ അന്വേഷണങ്ങൾ മാറിപ്പോകും നമ്മൾ ഒരു കാര്യത്തിന് ഊന്നൽ നൽകിയാൽ സത്യത്തിൽ എന്താ നിരന്തരം നിരന്തരം നിരന്തരം നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് താഴ്ത്തി വയ്ക്കുകയും ഞാനെൻ്റെ സ്വയ സ്വന്തം ഹിതം ഈ സ്വന്തം ഹിതം പറയുമ്പോൾ ഇത് വളരെ സട്ടിലായ ഒരു കാര്യം ചിലർ പറയുന്നു സ്വന്ത ഹിതമെന്ന് പറയുമ്പോൾ അത് ഭൗതികതയുമായി ബന്ധപ്പെട്ട കാര്യമാകണമെന്ന് ആകുമെന്നാണ് പലരും വിചാരിക്കുന്നത് എന്നാൽ ആത്മീയതയുടെ പേരിൽ പോലും സ്വന്തം ഇഷ്ടങ്ങൾ സ്വന്തമായ താല്പര്യങ്ങൾ കാണാം ഒരു കാര്യം പറയുന്നതിൽ ഒരു കാര്യം പെരുമാറുന്നതിൽ ചില കാര്യങ്ങൾ ആളുകളുടെ മുമ്പാകെ പ്രസൻറ്റ് ചെയ്യുന്നതിലൊക്കെയും പലപ്പോഴും പലപ്പോഴും നമുക്ക് നമ്മൾ സെൻസിറ്റീവാണെങ്കിൽ പരിശുദ്ധാത്മാവിനോട് സെൻസിറ്റീവാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ സ്വയത്തിൻ്റെ കലർപ്പ് അവിടെ ഉണ്ടായിരുന്നു സ്വയത്തിൻ്റെ കലർപ്പുണ്ടായിരുന്നു ദയവേ ഈ സ്വയം എന്നെ നിരന്തരം ആ ബലവത്തായിട്ട് പിടിക്കുന്ന ആ സ്വയത്തിൻ്റെ ബലത്തിൽ നിന്ന് അതിനെ നിനക്ക് യാഗമായി അർപ്പിച്ച് എങ്ങനെയത് കഴിയുള്ളൂ നിന്നെ സ്നേഹിക്കുന്ന ഒരു തലത്തിലേ കഴിയുന്നുള്ളൂ നിന്നെ എത്രമേൽ ഞാൻ സ്നേഹിക്കുമോ അത്രമേലേ എനിക്ക് ഇത് കഴിയുള്ളൂ ഇതാണ് നമ്മളിവിടെ വായിച്ചല്ലോ ഇത് ഇഹലോകത്തിൽ തൻ്റെ ഈ ജീവനെ പായിക്കുന്നവനതിനെ നിത്യജീവനായിട്ട് സൂക്ഷിക്കും ഇതിനിവിടെ ഒരു കാണാവുന്ന റിസൾട്ട് ചിലപ്പം വരും പക്ഷേ എവിടെ കാണും ഇറ്റേണിറ്റിയിൽ നിത്യതയിൽ നമ്മൾ അതിന് ഒരു റിസൾട്ട് കാണും രണ്ടു കോരും നാലാമധ്യായത്തിലേക്ക് വരുമ്പോൾ നാലാമധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ ഇതാ വളരെ മനോഹരമായ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും നൊടി ഞങ്ങളുടെ ലഘുവായ കഷ്ടം ഈ കഷ്ടമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും പുറത്തുനിന്ന് നമുക്ക് നേരിടുന്ന കഷ്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത് എന്നാൽ സ്വന്തം ഇഷ്ടത്തെ താഴ്ത്തി വയ്ക്കുന്നിടത്ത് എന്തുണ്ട് നമുക്കൊരു കഷ്ടമുണ്ട് സ്വന്തം ഇഷ്ടത്തെ വേണ്ടാന്ന് വയ്ക്കുന്നിടത്ത് ഒരു കഷ്ടമുണ്ട് ഞാനിവിടെ എൻ്റെ സ്വന്തം ഇഷ്ടത്തെ മുറുകെ പിടിക്കുകയില്ല സ്വന്തം അഭിപ്രായത്തെ അതിനെ മുറുകെ പിടിക്കുകയില്ല എനിക്ക് എൻ്റെ മേലിലുള്ള സഹോരന്മാർ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞതിന് അനുസരിച്ച് കീഴടങ്ങി ഞാൻ നിൽക്കും എന്ന് നിങ്ങളൊന്ന് തീരുമാനിച്ച് നോക്ക് അങ്ങനെ തീരുമാനിക്കുന്നിടത്ത് എന്തറിയും ഒരു കഷ്ടമറിയും കഷ്ടമറിയും സ്വയത്തിനത് സ്വാഭാവികമായിട്ട് ഇഷ്ടമില്ല മറ്റൊരാൾക്ക് കീഴടങ്ങുന്നത് മറ്റൊന്നിന് ലോക നമ്മൾ ആയിരിക്കുന്ന ജോലിസ്ഥലത്താകട്ടെ നമ്മുടെ മേലധികാരികൾക്ക് വഴിയിലാകട്ടെ അവിടെ ആക്കി വെച്ചിരിക്കുന്ന ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ആളുകൾക്ക് സഭയിലാകട്ടെ അവിടെ ആക്കി വെച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾക്ക് ഇതിനൊക്കെ കീഴടങ്ങാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾ എന്തോ കാണും നമ്മുടെ സ്വയത്തിൽ ഒരു കഷ്ടം നമ്മളറിയും നമ്മൾ പലപ്പോഴും ഇത് പുറത്തു നിന്നുള്ള കഷ്ടമായിട്ട് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നാൽ ദൈവകൽപ്പനയനുസരിച്ച് നമ്മളൊരു പാനീയാഗമായിട്ട് അർപ്പിക്കപ്പെടാനായിട്ട് നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ ഒഴിച്ചു കളയുന്നിടത്ത് നമ്മളൊരു കഷ്ടം അറിയും പക്ഷേ ഈ കഷ്ടത്തെ പൗലോസ് എന്തോ പറഞ്ഞേക്കുന്നത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം കണ്ടു ഈ പൗലോസ് ചിലപ്പോൾ നമ്മൾ വായിച്ചാൽ ചിലപ്പോൾ ചിരിച്ചു പോകും പൗലോസിന് ചിലത് പറഞ്ഞാൽ അങ്ങോട്ടൊരു തൃപ്തിയില്ല നൊടി നേരത്തേക്കുള്ള കഷ്ടമെന്നോ അല്ലേ ഒന്നുകിൽ അങ്ങനെ പറയാം അല്ലെ ലഘുവായ കഷ്ടമെന്നോ പറയാം അതിന് പകരം ഇതെന്താ നൊടി നേരത്തേക്കുള്ള അത്രയും പറഞ്ഞിട്ട് തൃപ്തിയില്ലേ ലഘുവായ കഷ്ടം ഈ കഷ്ടത്തെ അങ്ങ് ഏതിനോട് താരതമ്യപ്പെടുത്തിയപ്പോഴാണ് ഇത് വളരെ തുച്ഛമായിട്ട് തോന്നുന്നത് ഓ തേജസ്സിൻ്റെ നിത്യ കനത്തോട് ചേർത്ത് ചിന്തിച്ചപ്പോഴാണ് ഇത് വളരെ വളരെ വളരെ നൊടി നേരത്തേക്കേ ഉള്ളുവെന്നും ലഘുവെന്നും താൻ ആവർത്തിച്ചാവർത്തിച്ച് പറയും പ്രേ സഹോരേ സഹോരേ നമ്മളിവിടെ നമ്മുടെ ജീവനെ ആ നിലയിൽ യാഗമായിട്ട് അർപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ കഷ്ടമറിയും പക്ഷെ ആ കഷ്ടം നമുക്ക് ലഭിക്കാനുള്ള നിത്യതയിലെ തേജസ്സിൻ്റെ നിത്യ കനവുമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പം ഒരു താരതമ്യമില്ലാത്തവണ്ണം വളരെ വളരെ വളരെ തുച്ഛമായ ഒരു കാര്യമാണിത് എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നു തുടർന്ന് പറയുന്നു കാണുന്നതിനെ അല്ല കാണാത്തതിനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം നമ്മൾ പലപ്പോഴും നമ്മളിവിടെ കാണുന്ന കാര്യങ്ങൾ ഇവിടെ കാണുന്ന കാര്യങ്ങൾ ഇവിടെ എൻ്റെ അഭിപ്രായം നടക്കണം ഇവിടെ എൻ്റെ ചിന്തയനുസരിച്ച് കാര്യങ്ങൾ പോകണം ഇവിടെ ഞാൻ പറയുന്നത് സ്വന്തം ഇഷ്ടത്തെ താഴ്ത്തി വെക്കാൻ തയ്യാറില്ലാത്തടത്തോളം ദൈവ ഇഷ്ടത്തിനെതിരായിട്ട് നമ്മൾ തന്നെയുള്ള ഉത്സാഹങ്ങളെ നമ്മൾ ചിലപ്പോൾ എന്തു പറയും അത് എനിക്ക് കിട്ടിയ അഭിഷേകമാണ് ഇന്നാളെ ഒരാൾ അങ്ങനെ പറഞ്ഞു എൻ്റെ അഭിഷേകത്തെ നിങ്ങളാരും മാനിക്കുന്നില്ല എൻ്റെ അഭിഷേകത്തെ നമുക്ക് നമുക്ക് നമ്മളെക്കുറിച്ച് വലിയ ചിന്തകളുണ്ടാകാം നമുക്ക് വലിയ ചിന്തകളുണ്ടാകാം ഞാൻ ഞാൻ ആരാ ഞാൻ കർത്താവിനായിട്ട് ആ ദേശത്ത് ഓ ആളുകളുടെ മധ്യത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു കർത്താവിനായിട്ട് കഷ്ണം സഹിച്ചു വിഷമങ്ങൾ സഹിച്ചു ഇത്രയും നാൾ നിന്നു എൻ്റെ എന്തായത് നമ്മൾ നേടി നമ്മൾ കർത്താവിനായിട്ട് സഹിച്ച കാര്യങ്ങളുടെ ഒരു വലിയ കണക്ക് സൂക്ഷിച്ചോണ്ടാണോ നീ ഞാനും ഇരിക്കുന്നത് പ്രിയപ്പെട്ടവളേ പ്രിയപ്പെട്ടവരെ ആ പാപിനിയായ സ്ത്രീയെപ്പോലെ അവൾ അവളുടെ ഒരു വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് അവൾ വാങ്ങിയ സുഗന്ധവർഗമായിരിക്കും ഇത് ഒരു വർഷം മുഴുവൻ അവൾ സ്വരു കൂട്ടി അതുമായിട്ട് കർത്താവിൻ്റെ അടുത്ത് ചെന്നപ്പം അവൾക്കൊരു എന്തില്ലായിരുന്നു ഒരു കണക്കില്ലായിരുന്നു അവളത് പൊട്ടിച്ചൊഴിച്ചു ഓ ഇത്രയും വേണോ ഈ കാല പൂശാന് കുറച്ച് വെച്ച് ബാക്കി കുറച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ നമുക്ക് ഇരിക്കട്ടെ അങ്ങനൊരു കണക്ക് സൂക്ഷിച്ചില്ല നമുക്ക് കർത്താവിനെ ഇങ്ങനെ കർത്താവിൻ്റെ മുമ്പാകെ പാനീയാകമായിട്ട് ജീവിതത്തിൽ നിരന്തരം അർപ്പിക്കപ്പെടുന്ന ഒരു കാര്യം എങ്ങനെ നമുക്ക് കഴിയുള്ളൂ സ്നേഹത്തിൽ മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് പറയാം കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ശരിയാണ് പക്ഷേ ആ സ്നേഹത്തിലും എന്തുണ്ട് ഒത്തിരി സ്വാർത്ഥതയുണ്ട് എന്താ ഓ മരണശേഷം എനിക്കും സ്വർഗത്തിൽ പോകണം എനിക്കവിടെ കിരീടം വേണം എനിക്കവിടെ സിംഹാസനത്തിൽ ഇരിക്കണം ഒക്കെ നല്ല കാര്യമാണോ നല്ല കാര്യമാണ് പക്ഷേ അതിനാണോ നീ കർത്താവിനെ സ്നേഹിക്കുന്നത് ഒരു ദൈവഭക്തനൊരിക്കൽ പറഞ്ഞു ഞാൻ മരണശേഷം ഞാൻ കണ്ടെത്തുക എന്നിരിക്കട്ടെ കർത്താവ് സ്വർഗത്തിലല്ല നരകത്തിലാണ് എന്ന് കണ്ടെത്തുകയാണെന്നിരിക്കട്ടെ ഒരു ദൈവഭൃത്യം പറഞ്ഞ ഞാൻ പറഞ്ഞതല്ല ഏഹ് നിങ്ങൾ അങ്ങനെ സംഭവിക്കുകയില്ല കർത്താവ് ഒരിക്കലും നരകത്തിലുണ്ടാകുകയില്ല പക്ഷേ ഒരു ദൈവത്തിനെ ഈ നമ്മൾ ഈ പറഞ്ഞ കാര്യം പറയാൻ വേണ്ടി അദ്ദേഹം നമുക്കൊരു ആഘാതം ഉണ്ടാകത്തക്കൊണ്ട് നമുക്കൊരു ഒരു ഷോക്ക് ഉണ്ടാകത്തക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു മരണശേഷം കർത്താവ് സ്വർഗത്തിലല്ല നരകത്തിലാണെന്ന് ഞാൻ കണ്ടാൽ ഞാനെന്തു ചെയ്യും ഞാൻ കർത്താവിനോടൊപ്പം നരകത്തിൽ പോകും നരകത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മളീ പിൻപറ്റുന്നത് കേവലം കർത്താവിനോടുള്ള കേവല സ്നേഹത്തിലാണോ അതോ തീർച്ചയായിട്ടും മരണശേഷം കർത്താവ് സ്വർഗത്തിൽ തന്നെ ആയിരിക്കും നമ്മളും സ്വർഗത്തിൽ തന്നെ ആയിരിക്കും ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ നമ്മൾ ഇതിനെ അന്വേഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഇവിടെ ഒരു കാണുന്ന തലത്തിലെ താൽക്കാലിക നേട്ടം നോക്കി ആ ലോകത്തിൻ്റെ നല്ല കാര്യവും വേണം ഇവിടുത്തെ നല്ല കാര്യവും വേണം മരിച്ചു കഴിഞ്ഞു നല്ല കാര്യം വേണം എല്ലാം കൂടെ ചേർത്ത് എല്ലാം കൂടെ ഇത് നല്ല പരിപാടിയാണ് അങ്ങനെയാണോ അതോ നീ കണക്ക് സൂക്ഷിക്കാതെ നീ അതിൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ പൗലോസിനെ പോലെ ഒരു പാനീയകമായിട്ട് അർപ്പിക്കപ്പെടാൻ തയ്യാറാണോ ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയൊരു കാര്യമായിട്ട് തോന്നും പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കത് പ്രായോഗികമാക്കാൻ കഴിയും എങ്ങനെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ ദൈവ ഇഷ്ടത്തിനായിട്ട് നിരന്തരം നിരന്തരം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവത്തിലൂടെ അതൊരു ആന്തരികമായിട്ട് നടക്കുന്നതാണ് നമ്മുടെ ചുറ്റുപിരിക്കുന്നവർക്ക് പലപ്പോഴും മനസ്സിലാവുകയില്ല ഒരു ആന്തരിക യാത്രയാണിത് നിരന്തരം നിലത്ത് വീണ് ചാകുക അങ്ങനെ ചാകുമ്പോൾ നിത്യതയിൽ ഒരു വിളവുണ്ടാകും നിത്യതയിൽ മാത്രമല്ല നമ്മുടെ ജീവിതവും കൂടുതൽ കൂടുതൽ സ്വാതന്ത്ര്യമുള്ളതായിത്തീരും നമ്മുടെ ജീവിതത്തിലും ഒരു വിളവ് നടന്നുകൊണ്ടിരിക്കും ഇതാണ് ക്രിസ്തീയ ജീവിതത്തിലെ വളർച്ച എന്ന് പറയുന്നത് നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ നിൽക്കുകയും നമ്മൾ കേട്ട കാര്യങ്ങളെ നമുക്കൊരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കൊണ്ടുവരികയും ചെയ്യാം പ്രിയപ്പെട്ടവരെ